രണ്ടര മുറിയുള്ള വീട് മൂല ബംഗാളി രചന ഭഗീരഥ് മിശ്ര ഹിന്ദി രൂപാന്തരം അശോക് ലാൽ മലയാള പരിഭാഷ പി എസ് ശ്രീദേവി അഭിനേതാക്കൾ രവി വള്ളത്തോൾ പി റഷീദ് വേണു കണിയാരത് ആര്യനാട് രാജേന്ദ്രൻ കെ അനിൽ ആറ്റിങ്ങൽ മുക്കൂട് ഗോപാലകൃഷ്ണൻ വക്കം ബോബൻ ഗിരീഷ് സോപാനം കാട്ടാക്കട പ്രേംകുമാർ രതീഷ് ജെ അയ്യർ ഡി എസ് രാജീവ് കെ പി എസ് സി പുഷ്പലത അനിത അനിൽ സുഷമ അനിൽ കുമാരി അഞ്ജിത ബിആർ നായർ കുമാരി നിവേദിത വി രാജ് സംവിധാന സഹായം എം നിസാമുദ്ദീൻ ദുർഗാ രാജു രാജേശ്വരി മോഹൻ രണ്ടര മുറിയുള്ള വീട് നാം കൽക്കട്ടയിലെ മധ്യവർഗ തെരുവായ ബാഗ് ബസാറിലാണിപ്പോൾ ഹർഷിത് ഒനിമ ദമ്പതിമാരുടെ ഇടുങ്ങിയ മുറിയിൽ നിന്നാണ് ഈ ഗാനമൊഴുകി വന്നത് ആ തെരുവിൽ പലതരം കടകളുണ്ട് അവിടെ കിട്ടാത്ത സാധനങ്ങളില്ല ആവശ്യമില്ലാത്തവയും അവിടെ കിട്ടാനുണ്ട് പ്രത്യേകിച്ചും ഹർഷിദിൻ്റെയും ഒനിമയുടെയും പ്രായത്തിലുള്ളവർക്ക് രണ്ടര മുറിയുള്ള ഈ വീട്ടിൽ വച്ചാണ് അവർ തങ്ങളുടെ മൂന്ന് പെൺമക്കളുടെയും വിവാഹം നടത്തിയത് തങ്ങളുടെ റിട്ടയർ ജീവിതം ശാന്തിയോടും സമാധാനത്തോടും ഇങ്ങനെ സംഗീതമൊക്കെ ആസ്വദിച്ച് തള്ളിവിടാനാണ് അവർ ആഗ്രഹിക്കുന്നത് സമാധാനത്തോടെ ഒരു പാട്ടാസ്വദിക്കാൻ സമ്മതിക്കില്ല ഇനിയിപ്പോ ദുർഗാപൂജ വരികയല്ലേ രാത്രിയും പകലും ഇത് തന്നെയായിരിക്കും പണ്ടൊക്കെ എത്ര ചിട്ടവട്ടത്തോടെ ആയിരുന്നു ബഹളം ഉണ്ടായിരുന്നു നീ ഏത് കാലത്തെ കാര്യമാ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഓരോ തവണയും ഈ ബഹളം കൂടുന്നല്ലാതെ അവർ ഇപ്പോ എത്രമാത്രം വാങ്ങുന്നു അഞ്ചോത്തോ സന്തോഷത്തോട് കൊടുക്കുമായിരുന്നു ഇപ്പോ അത് അമ്പതായി കഴിഞ്ഞ വർഷം ഇരുനൂറ് രൂപയല്ലേ അവർ പിരിച്ചത് ഇരുനൂറ് രൂപ പൂജയുടെ കൂടെ വേറെ എന്തൊക്കെ പൂജകളാ പറഞ്ഞത് ലവണി സരസ്വതി കാർത്തികർമ്മ ഇവിടുത്തെ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനു പോലും പിരിവില്ലാതെ പറ്റില്ലെന്നായിരിക്കുന്നു രണ്ടു വർഷം നടത്തിയത് ഓർമ്മയില്ല എന്തുകൊണ്ടില്ല അന്നും അവൻ സംഭാവന പിരിച്ചിരുന്നു ആ മുറുക്കാൻ കടയിൽ നിൽപ്പുണ്ട് ശബ്ദത്തിൽ ബൈക്ക് റൈസ് ചെയ്ത് തന്നെയാ നിൽക്കുന്നത് അവന്റെബന്തിയും കാണുമല്ലോ എന്താ അവന്റെ പേര് അവനും ഉണ്ട് പുറകിൽ വലിയ ഗുസ്തിക്കാരനാന്ന രണ്ടിന്റെ ഭാവം അടിപിടി ഉണ്ടാവുമ്പോ ഏതോ ക്ലബ്ബിന്റെ സെക്രട്ടറിയും ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് എന്ന് തന്നെ അല്ലേ പറയേണ്ടത് ഗംഗാതീരത്തെ രണ്ട് അജ്ഞാത അതിന് ഞാനെന്ത് വേണം എടാട്ടി നീ തന്നെ പറയാ അതിന്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യണം അറിയിച്ച് പൂജാരി വിളിപ്പിക്കണം അല്ലാതെ അതിന് ഞങ്ങളെ അറിയിക്കുന്നത് എന്തിനാ ആന്റി കർമ്മങ്ങൾ ചെയ്യാൻ പൈസ പിരിച്ചുകൊണ്ടിരിക്കുക പൂജാ വാങ്ങണം ദൈവിപ്പിക്കാൻ വിറങ്ങ് വാങ്ങണം ഒരു നൂറ് രൂപയെങ്കിലും അല്ലെങ്കിൽ ഉള്ളത് എത്രയെന്ന് വെച്ചാൽ തന്നോളൂ ശരി ആന്റി തരണം വേറെ ഞാൻ അങ്ങോട്ട് വരാം അവനോട് പറഞ്ഞ നീ അവിടെ നിൽക്ക് ഒന്ന് വേഗം ആന്റി ദുർഗാപൂജയുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് അതിനിടയിൽ അജ്ഞാത ശവങ്ങളുടെ കാര്യവും നോക്കണം ഒട്ടും സമയവും ഇല്ല ആ ആ എന്നാ പിടിച്ചോ അമ്പത് രൂപ നിന്റെ ഈ നാശം പിടിച്ച കടകട ബൈക്കിനും കൂടി ഒരു പരിഹാരം ഉണ്ടാക്കുക അങ്കളേ ഈ ബൈക്കിനെ മാത്രം ഒന്നും പറയരുത് അവന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കാണ് അവൻ ഇത് കൊണ്ട് കിടക്കുന്നത് ഓഹോ പോട്ടെടാ നമുക്ക് പോകാം ഇപ്പോ ഇതിന് മറുപടി പറയാൻ സമയമില്ല പിന്നീട് ഒരിക്കലും ആവട്ടെ പാവം തന്ത പേരും കൂടെ കളയാണ് പൊനിമാ രാവിലെ അൻപത് രൂപ പോയി കിട്ടി അവൻ വന്ന് ചോദിക്കുമ്പോ എടുത്തു കൊടുക്കാനിരുന്നിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അവൻ അകത്ത് വന്ന് ആന്റി എനിക്കും വീട്ടിക്കും ചായ ഒന്ന് ഫോൺ ചെയ്യട്ടെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവൻറെ അച്ഛന്റെ വീട് പോലെ പറയുന്നില്ല അവൻറെ അച്ഛന്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല പാവം എന്ത് നല്ല മനുഷ്യനാണ് രണ്ട് സഹോദരങ്ങളുള്ളത് നല്ല പഠിപ്പും വിവരവും അല്ലേ അതെ അതെ ും ജോ ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ പ്ലസ് ടു വരെ നന്നായി പഠിച്ചു വന്നതാ പിന്നെ പറ്റിയെന്ന് ആർക്കും അറിയില്ല പറയുന്നതും ചെയ്യുന്നതും എല്ലാം ഭ്രാന്ത പിടിച്ച പോലെ പിന്നെ എനിക്കറിയാം നീ എന്താ പറയാൻ പോകുന്നെന്ന് എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ ഇവിടെ ഇങ്ങനെ വയ്യൂ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോഴാ മനസ്സൊന്ന് തെളിയുന്നത് അവിടുത്തെ ചെടികളുടെയും പൂക്കളുടെയും ഇടയിൽ നിൽക്കുമ്പോ അത് ശരിയാ എന്റെ കാടുണ്ടാക്കിയെടുത്തിരിക്കും വലിയൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നല്ലോ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ചെടികളെ ഒന്നും നശിപ്പിക്കരുതെന്ന് അവയുടെ ഇലകളെ കാറ്റിലാടാൻ അനുവദിക്കണമെന്ന് എന്നിട്ട് അവസാനം അച്ഛനും അവ നഷ്ടപ്പെട്ടില്ല എത്ര ചെറിയ വീടായാലും സാരമില്ലായിരുന്നു ഒരു ചെറിയ ബാൽക്കണി എങ്കിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെല്ലാം ചെടിയിൽ വെച്ച് പിടിപ്പിച്ചെ നിശാഗന്തി മുല്ല പിച്ചി ചെമ്പകം വീട് മുഴുവൻ അവയുടെ സുഗന്ധം നിറഞ്ഞനെ മനസ്സിന് എത്ര സമാധാനം കിട്ടിയനെ എനിക്കറിയാം അത് നടക്കും നടക്കും ഒനിമ തന്റെ സ്വപ്ന ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വലിയ വലിയ ചെടിച്ചട്ടികളിൽ ജമന്തിയും ബോഗൺവില്ലയും മറ്റും നട്ട് ഉനിമ ജനൽപ്പടികളിൽ എന്നും വെള്ളം നനച്ച് മക്കളെപ്പോലെ പരിപാലിച്ചിരുന്നു കൂടെ കൃഷ്ണ ഒരു ഞായറാഴ്ച രണ്ടാളും പുറത്തുപോയിരുന്നു പകൽ മുഴുവനും ആ ദിവസം ആ തെരുവില റോഡിൽ രണ്ട് ലോക്കൽ ടീമുകളുടെ ക്രിക്കറ്റ് മാച്ചുണ്ടായിരുന്നു ആർപ്പ് വിളികൾ സൌരവ് ഗാംഗ്ലി ഇലവൻ ടോസ് ജയിച്ച് ബാറ്റിംഗ് എടുത്തു അരുൺലാൽ ടീം ഫീൽഡിങ്ങും ചെടിച്ചിട്ട് വെച്ചിരിക്കുന്നത് അത് സിക്സർക്ക് ഇത് ക്രിക്കറ്റ് ബോൾ ആണ് കളി ചൂടുപിടിച്ചു വരുന്ന സമയം ഏതോ പ്രിൻസിന്റെ അടിയിൽ ബോൾ നേരെ ചെന്ന് ഉനിമയുടെ ചെടിച്ചട്ടിയിൽ കൂട്ടിമുട്ടി അങ്ങനെ ഒനിമയുടെ ചെടിച്ചട്ടികൾ പൊട്ടിച്ചിതറി അല്പം കഴിഞ്ഞു പെയ്ത മഴയിൽ തെച്ചിപ്പൂക്കൾ ചിതറി വീണു അത് കണ്ടാൽ സ്വപ്നങ്ങൾ ചോരചിതറിക്കിടക്കുന്ന പോലെ തോന്നി രാത്രി രണ്ടാളും തിരിച്ചെത്തിയപ്പോൾ കറണ്ടില്ലായിരുന്നു അത് നന്നായെന്ന് വേണമെങ്കിൽ പറയാം െങ്കിലും എന്തായാലും എത്തിയല്ലോ ഏ ഇതെന്താ ഈ ഇലോളൊക്കെ ഇവിടെ മഴ പെയ്തപ്പോ കാറ്റുണ്ടായിരുന്നു തോന്നു നോക്കൂ ആ ടോർച്ച് ഇങ്ങോട്ടൊന്ന് തെളിച്ചേരം നോക്കാം അതൊക്കെ ഭർത്താവ് ഭാര്യയെ ഒത്തിരി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ എന്തുഫലം തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് മരിച്ചുപോയാൽ ഒരമ്മയുടെ ദുഃഖം എങ്ങനെയാണോ അതുപോലെയായിരുന്നു ഒനിമയുടെയും മാനസികാവസ്ഥ പിന്നെ കരഞ്ഞു കരഞ്ഞ് നിശബ്ദയായി അന്നൊനിമ ഒരു പ്രതിജ്ഞ എടുത്തു ബാഗ് ബസാറിൽ ജീവിക്കുന്നിടത്തോളം കാലം ഒരൊറ്റ ചെടി പോലും നട്ടുവളർത്തില്ല എന്ന് ഹർഷിത് തന്റെ മൂത്ത സുനിതയെയും ഏഴു വയസ്സുള്ള പേരക്കുട്ടിയെയും വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ വീടിന് ഉണർവുണ്ടായി കുറച്ചു ദിവസത്തേക്ക് ഒനിമ വീണ്ടും പഴയതുപോലെയായി ബിസിനസ് ആസൂഷ്യൻ ും കൊണ്ടല്ലേ വാണി വരുന്നത് ഒരു ചായ കുടിച്ചെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും ഇല്ലോ എന്താ വാണി ഇത് ഈ ചായ തയ്ച്ചില്ലെങ്കിൽ ീളയുള്ള വിശേഷങ്ങൾ നിനക്ക് എങ്ങനെയാ ദഹിക്കുന്നത് ഇതാ ചായ പിടിക്കും കൊള്ളാ നല്ല ഞാൻ കുറച്ച് പലഹാരങ്ങളും ഉണ്ടാക്കുന്നുണ്ട് മുളക് ബജിയാ പക്ഷെ നിനക്ക് ദഹിക്കുമോ എല്ലാം കൂടി മുളക് വജിയോ ആ നിനക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത് ഓ സാരമില്ല മൂന്നാലെണ്ണം കഴിക്കാം കുറെ നാളായി മുളക് ബജി കഴിച്ചിട്ടുണ്ട് ശരി ശരി ഓ ഓ വണി നിന്റെ പേര് ആകാശവാണി എന്ന് പറയുന്നതാണ് ശരി ആ ഇതാ മുളക് ഇനിയും ബാഗ് ബസാറിലെ പ്രൈവറ്റ് വാർത്തകൾ പറയൂ കേൾക്കട്ടെ ഇതെന്തിനാ ഇത്രയധികം ഓ നല്ല എരിവ് അപ്പോ നീ എരിവുള്ള വാർത്തകൾ പറയേ ഇതാ ഈ വെള്ളം ഒരു കവിൾ കുടിക്കെ നെയ്യപ്പുണ്ട് അതും കഴിച്ച് ചായയും കൂടി കുടിക്കെ അപ്പോ കെ മാറും ൾ പറ എന്നെ കളിയാക്കണ്ടോ എനിക്ക് ആരുടെ നുണയൊന്നും പറയാനൊന്നും പിണങ്ങാതെ എങ്കിൽ ഈ നെയ്യപ്പം നിന്നിട്ട് മധുരമുള്ള വിശേഷങ്ങൾ പറയേ ആ ഷോട്ടൂനില്ലേ ഇപ്രാവസ്ഥ പൂജയ്ക്ക് അവൻ നാടകം കളിക്കുന്നുണ്ടേ കേട്ടോ എനിക്ക് നിങ്ങളുടെ ചുറ്റിയാ ഓർമ്മ വരുന്നത് അതറിഞ്ഞപ്പോ ഷോട്ടു അവന്റെ കാര്യം അവൻ തന്നെ പറഞ്ഞോളൂ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് ആ പിന്നെ ആ ഗുഹാസമ്മൾ റൂമില്ലേ ൾ ഒരു പയ്യനുമായി ചില ഇടപാടുകൾ നടക്കുന്നുണ്ട് കേട്ടോ വിക്ടോറിയ മെമ്മോറിയൽ വെച്ച് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ രണ്ടാളെ നമുക്ക് എന്താ ഓരോരുത്തരുടെയും അവരായി അവരുടെ അദ്ദേഹം വന്നെന്ന് തോന്നുന്നു എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ പോട്ടെ അയ്യോ പോവുകയാണോ ഇന്നത്തെ വാർത്താ പ്രക്ഷേപണം കഴിഞ്ഞോളാവോ ഞാൻ വരാം പൊട്ടിപ്പെടെ വിശ്വസിക്കയാണല്ലോ മോശമാണോ എന്താ ഷോട്ടൂനെ കുറ്റം പറഞ്ഞിട്ടാ ശരി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് തരാം ഷോട്ടൂവിനെ ഞാൻ ഒരു ഗുണ്ടയായി കാണുന്നു സൈലൻസർ ഇല്ലാത്ത അവന്റെ ബൈക്കിനെ ഞാൻ വെറുക്കുന്നു ഈ ബാഗ് ബസാറിലെ നമ്മുടെ ജീവിതത്തെ നരകതുല്യമാക്കാൻ അവനും വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ടും ഞാൻ അവന് കാശു കൊടുക്കുന്നുണ്ട് പക്ഷേ അതെന്റെ ദൗർബല്യമായി നീ കാണരുത് ഓ ശരി ശരി എനിക്കറിയാം വാണി പറയായിരുന്നു ഇത്തവണ പൂജക്ക് നാടകം കളിക്കുന്നുണ്ടെന്ന് ആ കളിക്കട്ടെ അവൾ പറയാണ് നാടകമെന്ന് കേട്ടപ്പോ അവൾക്ക് ചുറ്റിയെ ഓർമ്മ വരുന്നെന്ന് തന്നെയാണ് വിളിക്കുന്നത് അന്ന് അവൾ നാടകത്തിൽ എത്ര നന്നായി അഭിനയിച്ചു പിന്നെ എത്ര സന്തോഷമായിരുന്നു അവൾക്ക് ഇന്നലത്തെ പോലെ തോന്നുന്നു രണ്ടു വർഷം മുമ്പ് പൂജാവേളയിലെ കാര്യമാണ് ഹർഷദിന്റെയും ഒനിമയുടെയും ഇളയ മകൾ അഥവാ പപ്പിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു അന്ന് ആയിടക്കാണ് ഷോട്ടുവിന്റെ ഗുണ്ടാ വിളയാട്ടം ആരംഭിച്ചതും അവന്റെ വണ്ടിയുടെ സൈലൻസർ ആയിടക്കാണ് ഊരി മാറ്റിയതും അയ്യോ പിരിവ് അങ്ങോട്ട് കൊടുത്തേക്കാമെന്ന് പോയി പറയേ ോട്ട് കൊടുത്തേക്കാമെന്ന് പിരിവോ ഞാനിപ്പോ പിരിവിനൊന്നും വന്നല്ല ഒരു പ്രയോഗിക്കും എടി ചുടുക്കി വാതിൽ ഓർക്കാൻ എന്താണ് ഇത്ര താമസം ചുടക്കിയോ എടാ ഞാൻ ഇന്നേക്കാൾ മുതിർന്നതാടാ ബിറ്റി ഇവനോട് പറഞ്ഞു മനസ്സിലാക്കു പോ അങ്കിള് വേണോ ഓ വേണ്ട വീടാണ് എനിക്ക് വേണമെന്ന് തോന്നുമ്പം ഞാൻ എടുത്ത് കുടിച്ചോളാം എന്താ ഇതുവരെ എന്നാലേ പപ്പിച്ചേച്ചി പോയി എടുത്തോണ്ട് ഇവിടെ നമ്മൾ മുതിർന്നവർക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നേ അങ്ങനെ വഴിക്കുവാ ചേച്ചി എന്ന് വിളിക്കാൻ അറിയാം അപ്പൊ ശരി ആന്റി എന്താ രണ്ടു കപ്പ് ചായ വേണം അങ്ങനും വേണ്ടേ ഓ അങ്കിളുടെ വീടല്ലയോ എപ്പ വേണമെങ്കിലും പറയാവല്ലേ ഓ താങ്ക് യു ഫോർമിഷൻ ആ രണ്ടു കപ്പ് മതി എനിക്കും വീട്ടിക്കും അങ്കിലിനും വേണ്ട എന്തെങ്കിലും കുറയ്ക്കാനും കൂടി എടുത്തോ പെട്ടെന്ന് വേണം ഒരു സീരിയസ് കാര്യം പറയാനാ പെട്ടെന്ന് പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കലെ ജോലിയും കൂലിയും ഇല്ലാതെ ഇരിക്കുകയല്ല ഞങ്ങൾ ഇത്തവണ എത്ര രൂപയാണ് പിരിവ് ഒരു ലക്ഷമോ മറ്റോ ആണോ പിന്നെ ഇത്തവണ ഞാൻ ട്വന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് നൽകും കേട്ടോ ഓഹോ ഹൺഡ്രഡ് പെർസെന്റ് കൂട്ടിയിട്ട് അല്ലേ അല്ല ഇപ്പൊ നമുക്കെന്തിനാ ഡിസ്കൗണ്ട് മനസ്സിലായില്ല അത് ഒരു സീരിയസ് കാര്യം പറയാനും ചുക്കി ഇതുവരെ വെള്ളം കൊണ്ടുവന്നില്ലല്ലോ ആന്റിയേ ചായ വേഗം കൊണ്ടുവാറൂഖ് ഖാനെ വിളിക്കാനാണോ ആന്റി എത്തിയല്ല ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു ഇതാ ചായ എനിക്ക് പോണം അവിടെ ഇരിക്കണം നിന്നോട് ഞാൻ ഞാനാ പറയുന്നത് ആന്റി അങ്കിൾ ഇപ്രാവശ്യത്തെ പൂജ വയ്പിന് ഞങ്ങൾ നാടകം കളിക്കുന്നുണ്ട് സൂപ്പർ നാടകമാണ് ഈ ബാഗ് ബസാറിൽ ഇതുപോലൊരു നാടകം ആരും കളിച്ചിട്ടുണ്ടാവില്ല ആ അതിരിക്കട്ടെ എത്രയാണ് പിരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആയത് കൊണ്ട് ഒരു ഇരുപത്തിന് നമ്മുടെ ഒരിക്കലുമില്ല ബാഗ് ബസാറിലെ ഗുണ്ടകളോടൊപ്പം എന്റെ പപ്പി ഒരിക്കലും നാടാൻ കളിക്കില്ല ഒരിക്കലും നീ പോരൊന്നും ഗുണ്ടകളല്ല എല്ലാവരും അറിയുന്നവരാ അപ്പൊ നീ ആയിരിക്കും ഹീറോ അല്ലേ അല്ലല്ല എനിക്ക് ഒരുപാട് പണികളുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങള് റിഹേഴ്സൽ അതിന് ചിലപ്പോ ഇടക്കിടക്ക് ഇവിടെ വെച്ചും റിഹേഴ്സൽ നടത്തും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ആക്കുന്ന എന്തിനാ എന്നും ഇവിടെ വെച്ച് തന്നെ അയക്കോ എന്ന ആന്റിക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ ഓ വെരിഷൻ അപ്പൊ ശരി ഞങ്ങൾ ഇറങ്ങുന്നു പ്ലീസ് ഒന്ന് പോകൂ പപ്പി നാടകത്തിൽ അഭിനയിക്കുന്നില്ല മനസ്സിലായോ ആ പോവാ ഞങ്ങൾ ഇറങ്ങുന്നു അപ്പൊ ഏഴുമണിക്ക് ആന്റി ചായ നന്നായിരുന്നു കേട്ടോ പപ്പി പപ്പിവാനിമ പപ്പി ഒരു നാടകത്തിനും പോകുന്നില്ല ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരിക്കലും തയ്യാറാവില്ല അവൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട് ഞാൻ അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്നാലേ അവൾ ഇത്രയും നേരം കിച്ചണിൽ എന്നോട് വാശി പിടിച്ച് നിൽക്കുകയായിരുന്നു നാടകത്തിന് പോകാൻ ഞാൻ അവളോട് അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു അവൾക്ക് പേടിയാണെന്ന് പറഞ്ഞു അവിടെ തന്നെ നിൽക്കുക അവളെ നാടകത്തിൽ അയക്കാൻ താല്പര്യം അല്ലെ അങ്ങനെയല്ല തീരുമാനം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു പക്ഷെ ഞാൻ കേട്ടത് ശരിയാണോ അത് ഞാൻ പപ്പി ഞാൻ അവരോട് പറഞ്ഞു നീ നാടകത്തിൽ പങ്കെടുക്കില്ലാന്ന് അവരുടെ കൂട്ട് ശരിയാവില്ല മനസ്സിലായല്ലോ ും തീരുമാനത്തിൽ എനിക്ക് ഇളയ ഓമന മകളുടെ പ്ലീസിന് മുമ്പിൽ ഹർഷിതിന് മുട്ടുമടക്കേണ്ടി വന്നു പപ്പി നാടകം ചെയ്തു വീട്ടിൽ വെച്ച് റിഹേഴ്സലുകളും നടന്നു ഹർഷിത് സഹകരിച്ചില്ല പക്ഷെ നാടകം നടന്നു നാടകത്തിന് ശേഷം ഹർഷിദിനും ഉനിമയ്ക്കും അനേകം പ്രശംസാ വാക്കുകൾ ലഭിച്ചു പപ്പിയുടെ സന്തോഷം കണ്ട് അവരും മനസ്സാല സന്തോഷിച്ചു പുറമെ പ്രകടിപ്പിച്ചില്ല ഷോട്ടുവിനോടുള്ള ദേഷ്യത്തിലും കുറവ് സംഭവിച്ചില്ല ബാക്ക് ബസാറിലെ ദിവസങ്ങൾ പഴയതുപോലെ തന്നെ കടന്നുപോയി ഹലോ ഓ സനദോറലി നമ്മുടെ അവസ്ഥ പഴയ തന്നെ സനദു ന്യൂസ് എന്ത് ഗുഡ് ന്യൂസ് എന്താ ഇന്ദ്രപുരിയിലോ നീ ഈ കിഴവനെയും കിഴവിയെയും കൊതിപ്പിക്കുകയാണോ എത്രയാ വില ഈ വിലക്ക് ഇന്ദ്രപുരിയിലോ സനത് നീ സത്യമാണോടാ പറയുന്നത് ഓക്കേ ഓക്കേ ാൾ ഇന്ദ്രപുരി പുരോഗമിച്ചു അല്ലേ അവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റി നന്നായി വർക്ക് ചെയ്യും അപ്പോ സർദേനിമയുമായി സംസാരിച്ചിട്ട് ഐ വിൾ യു ബാക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ എത്ര ആശ്വാസമാണ് എന്തൊരു തിരക്കാണ് പുറത്ത് വെള്ളം വേണോ എന്താ ഏതെങ്കിലും ഇംഗ്ലീഷ് വായിച്ചുകൊണ്ടിരിക്കുന്നോ ഭാര്യ ഭർത്താക്കന്മാർ ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും ഒരിഞ്ച് ചിരിയോടെ ഐ ലവ് യു പറയുന്നത് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വാണിയുടെ വാക്ചാതുര്യത്തിൽ ഞാൻ വീണു എന്ന് അല്ലേ എല്ലോങ്ങളുടെയും ശരിയാണ് കേട്ടോ ഞാനിന്ന് ഗുഹാസാറിന്റെ വീട്ടിൽ പോയിരുന്നു വാണി അന്ന് റൂമയുടെ കാര്യം പറഞ്ഞില്ലേ ഗുഹാസാറിന്റെ മോൾ റൂമ ഓ ആ കൊച്ചിന് ഏതോ പയ്യനുമായി ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഗുഹാസാറും അവർണയും ഒത്തിരി എതിർത്തു പക്ഷെ ഇപ്പോൾ അവർ കല്യാണത്തിന് സമ്മതം മൂളിയിരിക്കുകയാണ് കേട്ടോ ഞാനിന്ന് അവിടെ പോയത് നന്നായി രണ്ടാളെയും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി നമുക്കാണ് ഇങ്ങനെ അനുഭവം ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അപ്പോ ആകാശവാണിയിൽ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞല്ലോ എന്റെ ചിരി ഇംഗ്ലീഷ് ചിരിയല്ല കേട്ടോ തികച്ചും ഓ ഈ ബാഗ് ബസാറിൽ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി നീ ഇപ്പഴും അവളെ ചുടക്കി ചുടക്കി എന്ന് തന്നെയാണ് വിളിക്കുന്നത് അല്ലേ ശരി പിന്നെ എന്താ ഇത് കുട്ടികളെ പോലെ നിങ്ങളുടെ സന്തോഷം കണ്ടാൽ തോന്നും എന്തിനാ വെറുതെ ഓരോന്ന് ആഗ്രഹിക്കുന്നത് എന്നാലും നീ ഒന്ന് പറ എന്താ വിചാരിക്കുന്നത് വലിയ സൗകര്യം ഉള്ളൊരു വീട് അത് കണ്ടുപിടിച്ച പോലെയല്ലേ നിങ്ങൾ സന്തോഷിക്കുന്നത് എക്സാക്ട് ഇന്ദ്രപുരി ഹൗസിംഗ് എസ്റ്റേറ്റ് <laughs> <laughs> <Housing is it? laughs> 4, ാണ് ജനുവിൻ ബയറിന് തന്നെ കൊടുക്കണമെന്ന് അവർക്ക് നിർബന്ധമാണ് ചെക്ക് പേയ്മെന്റും എത്രയും പെട്ടെന്ന് അവരുമായി സംസാരിക്കണമെന്നാണ് സനത്ത് പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമെന്ന് തോന്നുന്നു സത്യമാണോ പറയുന്നത് ആ എന്റെ ശരിക്കുള്ള പേര് സത്യവാൻ ഹരിശ്ചന്ദ്രൻ എന്നാണ് അത് ചുരുങ്ങിയാണ് ഹർഷിത്തന്നായി മാറിയത് സത്യം ഒനിമയാണോ സത്യം നമുക്കൊന്നു പോയി നോക്കിയാലോ എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ ഈ ആറ്റിറ്റ്യൂഡ് പറ്റില്ല സനത് ആ ഓണറുടെ കസിനെ വിളിച്ച് ഏർപ്പാട് ചെയ്യും നമുക്ക് ഇഷ്ടമായാൽ അവിടെ വെച്ച് ഡിസൈഡ് ചെയ്ത് അപ്പൊ തന്നെ അഡ്വാൻസ് കൊടുക്കണം ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കണം എന്താ വേണ്ടതെന്ന് ആലോചിക്കേ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എന്താ അപ്പോമ ഞാൻ സനദിനെ വിളിച്ച് പറയട്ടെ ഹലോ സനത് ആ ഞാൻ ഉനിമയുമായി സംസാരിച്ചു എക്സൈറ്റഡ് നമുക്ക് സനതിനെ പൂർണ്ണമായി വിശ്വാസമാണ് സംശയിക്കണ്ട നാളെ രാവിലെ പത്ത് മണിക്ക് വരാൻ നോക്ക് എന്താ ഇന്ദ്രപുലി അമേരിക്കയിലൊന്നും അല്ലല്ലോ ഓക്കെ വൈകിട്ട് ആറ് മണിക്ക് ബൈ ദാങ്ക് യു വെരി മച്ച് ഒനി ഇത്രക്ക് ഒരുങ്ങേണ്ട കാര്യൊന്നുമില്ല നമുക്ക് പുതിയ വീട്ടിൽ പോയി ഒരുങ്ങാമിന ഒന്നും ഉറപ്പിക്കാതെ സ്വപ്നം കാണുകയൊന്നും വേണ്ട കേട്ടോ ഒരു ബോട്ടിൽ വെള്ളം എടുത്തോട്ടെ ഇങ്ങനെയാണെങ്കിൽ ഈ നേരത്തെ ഇങ്ങനെ അപശോകനം പിടിച്ച കാര്യങ്ങൾ പറയണ്ടത് നീയും നമ്മുടെ മക്കളും ചേർന്ന് ഇത്രയും വർഷങ്ങൾ ഇവിടെ കഴിഞ്ഞു ആ സന്തോഷത്തിൽ പുറത്തെ വലിയ കോലാഹലങ്ങളൊക്കെ ഊന്നിപ്പോ നമ്മുടെ സ്വപ്നങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് ഈ തെരുവിൽ നിന്ന് ഇറങ്ങി ഓടാൻ പോവുകയാണ് എന്താ ഞങ്ങൾ എവിടെ പോകുന്നു വരുന്നു എന്നൊക്കെ നിന്നോട് പറയാൻ നീ ഇവിടെ ചട്ടം കിട്ടിട്ടൊന്നും ഇല്ലല്ലോ ഞാനിപ്പോട്ട് വന്നതേ പൂജക്കുള്ള പിരിവിനെ അത് ഇപ്പൊ തന്നെ വേണം പിന്നെ എനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല ആന്റി ആന്റിയുടെ സാരി അടിപൊളി ആയിട്ടുണ്ട് എവിടെയാ പോകുന്നത് രണ്ടാളും കൂടി ഇപ്പൊ കാശ് ഒന്നുമില്ല തിരിച്ചു വന്നിട്ട് തരാം ഓക്കെ ഓക്കെ നാളെ രാവിലെ ഞാൻ വരാം ഇരുന്നൂറ്റമ്പത് രൂപയാണേ അങ്കിൾ ഇരുന്നൂറ് രൂപ തന്നാ മതി അവളുടെ ആന്റി രണ്ടു മക്കളുടെ അമ്മയായാലും അവളെ ഞാൻ ചുട്ടി എന്ന് തന്നെ വിളിക്കും അവൻ വന്ന് നിന്നപ്പോ കറുത്ത പൂച്ച കുറുകി നിങ്ങൾ അവന്റെ ബൈക്ക് ദൂരേക്ക് പോയപ്പോ ശരീരത്തിൽ നിന്നൊരു മുള്ളെടുത്ത് കളഞ്ഞതുപോലെയാ തോന്നിയത് എവിടെയാ ഈ വഴി നേരെ പോയി പാർക്ക് തീരുന്നെടുത്തു നിന്നും ലെഫ്റ്റ് പിന്നെ ആദ്യത്തെ റൈറ്റ് അത് കഴിഞ്ഞ് ലെഫ്റ്റിൽ നമ്പർ എത്രയാ തേർട്ടി യോ അവർ അവിടെ ഒന്ന് പോയല്ലോ അതെ അതെ ഞങ്ങളാണത് വാങ്ങാൻ പോകുന്നത് നിങ്ങൾ വാങ്ങാൻ പോകുകയാണോ അതെ എന്താ അല്ല ഒന്നുമില്ല ഒരു സാർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണോ ഡ്രൈവർ ടാക്സി അകത്തേക്കെടുക്ക പറ്റില്ല സാർ ഇന്ദ്രപുരിയിൽ ടാക്സി വിടാനുള്ള പെർമിഷൻ ഇല്ല എമർജൻസി അല്ലെ ഓക്കെ ഒനിമ ഇവിടെ ഇറങ്ങൂ നമുക്ക് നടക്കാം ഒന്ന് നിൽക്കണേ സാർ സാറിന്റെ പേര് എന്റെ പേര് ഹർഷിത് ചഡ്റാജ് സ്ലിപ്പ് സൂക്ഷിച്ചു വെച്ചോളൂ തിരിച്ചു വരുമ്പോ എന്നെ ഏർപ്പിക്കണം അഡ്മിഷൻ സ്ലിപ്പോ ഇതെന്തിനാ ഇന്ദ്രപുരിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആണ് എന്ത് ചെയ്യാനാ സാർ ഇതെല്ലാം ബ്രിഗേഡിയർ പറഞ്ഞിട്ടാണ് കേട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമാണ് ഞാനാണ് ഉത്തരം പറയേണ്ടത് കൊള്ളാം കൊള്ളാം സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ നല്ലത് തന്നെ നമ്മുടെ കയ്യിൽ എന്ത് നിധിയാ ഉള്ളത് സെക്യൂരിറ്റി റിസ്ക് ആയിട്ട് ഇങ്ങോട്ട് നോക്കേ എന്തെല്ലാം പുതിയ മോഡൽ കാറുകൾ എല്ലാവരും പണക്കാരായിരിക്കും സ്കൂൾ കുട്ടികൾ യൂണിഫോം ഇട്ട് മാർച്ച് ചെയ്യുന്നത് ും കണ്ടില്ലല്ലോ ഇതുവരെ അതെ ശരി ിൽ വീട്ടിലിരുന്ന് ശാന്തമായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം ഈ മുറിയുടെ വാതിൽ രണ്ടു വശത്തുനിന്നും തുറക്കാം അല്ലേ പുറത്തുനിന്ന് ആകാശം നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങു വരുന്നത് പോലെ എന്നും രാവിലെ പാട്ടൊക്കെ കേട്ട് പത്രവും വായിച്ച് വളരെ ശാന്തമായി ബാൽക്കണിയിലിരിക്കാം അല്ലെടോ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചുപോയപ്പോ അവർ കാറിലിരുന്ന് കാറ്റിനോട് കിന്നാരം പറയുകയായിരുന്നു അനുഗ്രഹം കൊണ്ട് എല്ലാം പറയേണ്ടത് തനദിനോടാണ് അവൻ ശരിയായ സമയത്ത് ഇടപെട്ടതുകൊണ്ടല്ലേ എല്ലാം ഇന്ദ്രപുരിയിൽ വീട് വയ്ക്കാൻ നിങ്ങൾ സനദിനെ സഹായിച്ചു അതുപോലെ പൂജയ്ക്ക് ഇവിടെ അങ്ങനെയാവുമ്പോ ഒറ്റ ട്രിപ്പ് മതിയാവും ഇവിടെ ഉള്ളവരോടൊക്കെ എന്ത് പറയും എങ്ങനെയാ അവിടെ ആരും വരില്ല ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ ചെയ്ത കാര്യം ും പിന്നെ ഒറ്റക്ക് സന്തോഷിക്കുന്നത് അനിതയും മക്കളും കൂടി വന്നാൽ പാർക്കിലേക്ക് കൊണ്ടുപോകാം ഞാൻ അവർക്ക് ചെടികളുടെയും കഥ പറഞ്ഞു കൊടുക്കും എന്റെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഇവിടുത്തെ ബാലുവിന്റെ ഐസ്ക്രീം ഇഷ്ടമാണ് നമുക്ക് അവരോട് പറയാം ഇന്ദ്രപുരിയിൽ വരുമ്പോ ബാലുവിന്റെ ഐസ്ക്രീം കഴിച്ച് മുറുക്കാനും ചവച്ച് വീട്ടിലേക്ക് പോകാനല്ലേ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചെറുതും വലുതുമായ പിറ്റേന്ന് ഹർഷിത് ഇന്ദ്രപുരിയുടെ ഓഫീസിൽ കോൺട്രാക്ട് ഉറപ്പിക്കാൻ പോയപ്പോൾ അവിടുത്തെ സെക്രട്ടറി ബ്രിഗേഡിയർ ഉപമന്യു ഷിഖറിനെ കണ്ടു അയാൾ ഹർഷിദിനു കൈ കൊടുത്ത് വെൽക്കം ടു ഇന്ദ്രപുരി എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മിസ്റ്റർ ഹർഷിത് ചട്ടരാജ് ഈ ബുക്ക്ലെറ്റ് താങ്കൾക്ക് ഇന്ദ്രപുരിയുടെ എല്ലാ ഇൻഫർമേഷൻസും നൽകും ഡോക്ടർ പ്ലംബർ ഇലക്ട്രീഷ്യൻസ് തുടങ്ങിയവരുടെ ഫോൺ നമ്പറുകൾ ആൻഡ് ആൻഡ് മെനി അതർ ഡീറ്റെയിൽസ് ഞാൻ ആത്മപ്രശംസ നടത്തുകയാണ് ഞാൻ ബ്രിഗേഡിയർ എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് എന്തിനാ ഇനി ബുക്ക്ലെറ്റ് വായിച്ചു നോക്കുന്നത് എന്നുപോലും ഹർഷിദിനു തോന്നി പിറ്റേ ദിവസം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് യാത്ര പറയേണ്ടവരോടൊക്കെ യാത്ര പറഞ്ഞു കുറെ പേർ ആശംസാ വാക്കുകൾ ചൊരിഞ്ഞു പ്രായം ചിലർ പറഞ്ഞു എന്തിനാ ഈ പ്രായത്തിൽ ഇത്രയും ദൂരത്ത് ഹർഷിദ് ഇതിനിടയിൽ ടെന്റിന്റെയും കാറ്ററിംഗിന്റെയും കോൺട്രാക്ടർ ആശിഷിനെയും കണ്ടു എന്തായി ഉപേക്ഷിച്ച് പോകുകയാണോ ഈ സിറ്റിയിൽ തന്നെ സിറ്റിയൊക്കെ ഒന്ന് തന്നെ പക്ഷേ ബാഗ്ബാസാറും ഇന്ദ്രപുരിയും രണ്ടും രണ്ടും ലോകമല്ലേ അവിടെ ചെന്ന് ഞങ്ങളെയൊക്കെ മറക്കോ ആശിഷ് എന്താ ഇത് എന്റെ മൂന്ന് മക്കളുടെയും കല്യാണം ആർഭാടത്തോടെ നടത്താൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്ത് സഹായിച്ചത് നിങ്ങളല്ലേ ഞാൻ എങ്ങനെയാണ് അതൊക്കെ മറക്കുന്നത് സാറിൻ്റെ മക്കൾ ഞങ്ങൾക്കും പ്രിയപ്പെട്ടവരല്ലേ ശരി സാർ ഇതാ എൻ്റെ കാട് ബാഗ്ബാ സാറിനെ ഒരിക്കലും മറക്കരുത് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ വിളിക്കാനും മടിക്കരുത് താങ്ക് ഞങ്ങൾ ഇന്ദ്രപുരിയിൽ ഒരു പാലുകാച്ചർ ചടങ്ങ് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്യാൻ ആശിഷ് തന്നെ വരണം തീർച്ചയായും ഞാനില്ലാതെ അങ്ങയുടെ വീട്ടിൽ എന്ത് ചടങ്ങാണ് അങ്ങനെ ഹർഷിതും ഒരുമയും ഇന്ദ്രപുരിയിലേക്ക് താമസം മാറി സാധനങ്ങൾ പെറുക്കി വെക്കുമ്പോൾ വീടെങ്ങനെ അലങ്കരിക്കും പാലുകാച്ചൽ ചടങ്ങ് എങ്ങനെ സംഘടിപ്പിക്കും ഇതൊക്കെയായിരുന്നു രണ്ടാളുടെയും ചിന്ത ഒടുവിൽ സനദിനെ വിളിച്ചു വരുത്തി അയ്യോ വേണ്ട ഒരു കപ്പ് ചായ മാത്രമേ കുടിക്കൂ എന്നാൽ പിന്നെ ും നിങ്ങൾ രണ്ടാളും ഇങ്ങനെ എപ്പോഴും ബിസി മക്കൾ ബോർഡിംഗിലും പിന്നെ ജീവിതം നിങ്ങൾ എപ്പോഴാണ് എന്ത് ചെയ്യാനാകില്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയി പോയി ലോൺ ബോർഡിംഗ് സ്കൂൾ ഫീസ് ക്ലബ് മെമ്പർഷിപ്പ് അങ്ങനെ അങ്കിളിനെ പോലെ റിട്ടയർ ജീവിതം കൊതിച്ചിരിക്കാണ് ഞങ്ങളും ഒന്ന് വിശ്രമിക്കാമല്ലോ ഇറ്റ് ഇറങ്ങട്ടെ അങ്കിൾ ഓഫീസിൽ പോയി പാലുകാച്ചരങ്ങിന്റെ അറേഞ്ച്മെന്റ് ചെയ്തോളൂ ആ അഞ്ചരക്ക് ഓഫീസ് അടയ്ക്കും അതിനുമുമ്പ് ഒരുമിച്ചിറങ്ങിയാലോ ഓക്കെ ഇവിടെ എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ് ഓഫീസിലൊന്ന് പറഞ്ഞാൽ മാത്രം മതി അല്ല ഞാൻ വിചാരിക്കുന്നു ഒലും മറ്റേ ഇവർക്ക് ദഹിക്കില്ല എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പോയിട്ട് വരൂ എനിക്കിവിടെ ചെറിയ പണിയുണ്ട് കുറച്ച് ചെടികളുടെ ഒക്കെ ലിസ്റ്റ് എഴുതാനുണ്ട് നാളെ എന്നാ ശരി ോപ്പി അയച്ചു കൊടുക്കാം എല്ലാവരുടെ പേരും അഡ്രസ്സും കമ്പ്യൂട്ടറിലുണ്ട് എല്ലാവർക്കും കവറിലിട്ട് പോസ്റ്റ് ചെയ്യാം ഇന്ദ്രപുരിയിൽ എല്ലാത്തിനും പെർഫെക്റ്റ് സജ്ജീകരണമാണ് പിന്നല്ലാതെ ഓരോരുത്തരുടെയും വീട്ടിൽ പോയി ക്ഷണിക്കാൻ ആർക്കാ നേരം പക്ഷേ കൊറേ പേർക്കെങ്കിലും ഒരു പേഴ്സണൽ ടച്ച് കൊടുക്കണ്ടേ താങ്കൾ ഇവിടെ ആരും ആരുടെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല സ്റ്റാമ്പ് ഓഫീസിൽ നിന്ന് എടുക്കും താങ്കളുടെ ബില്ലിൽ ആഡ് ചെയ്തോളും ഓ പക്ഷേ ഇതെന്താ ഈ ഇൻവെറ്റേഷനിൽ വെനി വെച്ചിരിക്കുന്നത് താങ്കളുടെ ഫ്ളാറ്റ് ആണല്ലോ ആ അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത് ഗൃഹപ്രവേശമല്ലേ ചങ്ങാതി അപ്പോ അങ്ങനെയല്ലേ വേണ്ടത് പക്ഷേ ഇവിടുത്തെ റൂൾ അനുസരിച്ച് എല്ലാ ഫംഗ്ഷനും കമ്മ്യൂണിറ്റി ഹാളിലാണ് നടക്കുന്നത് അയ്യോ പക്ഷേ ഇതൊരു ഇത് കണ്ടോ രജിസ്റ്ററിൽ അന്ന് കമ്മ്യൂണിറ്റി ഹാൾ താങ്കളുടെ ബ്ലോക്കിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ബ്രിഗേഡിയർ സാർ പ്രത്യേകം പറഞ്ഞതാണ് ഇവിടെ എല്ലാം ഫിക്സഡ് ആണ് താങ്കൾ ക്യാഷ് പേ ആ ബ്രിഗേഡിയർ സാർ ഒന്നല്ലോ ഗുഡ് ഈവനിങ് മിസ്റ്റർ ഹർഷി ചട്ട് ഹാൾ ബുക്ക് ചെയ്തല്ലോ ചെയ്തിട്ടുണ്ട് സാർ ുംഹളത്തിൽ ഡിസ്റ്റേബ്ഡായി എന്നോട് പരാതി പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു പുതിയ റൂൾ ഉണ്ടാക്കിയത് ുംത്യസ്തമായിരുന്നു ബുക്കിംഗ് എടുക്കുക അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് മാത്രമേ ഫങ്ഷൻ നടത്താവൂ എന്ന് താങ്കൾ ഫങ്ഷൻ അപ്പോ സ്വയം മനസ്സിലാവും എത്ര സൗകര്യമാണെന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പിന്നെ ആ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് അലങ്കരിക്കാം നമ്മുടെ എന്റെ മൂന്ന് മക്കളുടെയും എല്ലാ അറേഞ്ച്മെന്റും ചെയ്തത് ും അറിയില്ല നമ്മുടെ പാനൽ നിന്ന് ആരെങ്കിലും അവർക്കാവുമ്പോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ അറിയാം വലിയ നിരാശനായിട്ടും ഹർഷിത് തൻ്റെ ഭാര്യയ്ക്ക് മുമ്പിൽ അത് പ്രകടിപ്പിച്ചില്ല പക്ഷേ ഭർത്താവിന് നിരാശയുണ്ടെന്ന് പൊനിമയ്ക്ക് മനസ്സിലായിരുന്നു അവരും ഒന്നും പ്രകടിപ്പിക്കാതെ പുറമേ സന്തോഷം ഭാവിച്ചു നടന്നു അങ്ങനെ ഗൃഹപ്രവേശ ദിനമെത്തിമ എത്ര മനോഹരമായാണ് നീ കോലമിട്ടത് പൊന്നിമ നീ കോലമിടുന്ന കാര്യമേ ഞാൻ മറന്നുപോയിരുന്നു അവൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നല്ല സുഖമില്ല കേട്ടോ സുനിതയോടും ജയോടും ഒപ്പം അതെ അതെന്തെങ്കിലും ഒരു മിനിറ്റ് ഫോൺ ആരാ നോക്കട്ടെ ഹലോ ആ സനദാണോ എവിടെയാ വേഗം പുറപ്പെടുൂ ഇന്ദ്രപുരിയിലെ നമ്മുടെ മേജർ ലിങ്ക് സനതാണ് ഞാനും ഇപ്പോഴും ഡൽഹി എയർപോർട്ടിൽ നിൽക്കുക എന്ത് എന്ത് ഡൽഹി എയർപോർട്ടിലോ ഞാനും രണ്ടു ദിവസമായി ഡൽഹിയിലാ അയ്യോ രണ്ടുപേരും അവരവരുടെ ഓഫീസ് ആവശ്യത്തിന് വന്നതാ ഇന്ന് വെളുപ്പിനെയുള്ള ഫ്ലൈറ്റിൽ ഗൃഹപ്രവേശനെ വരാമെങ്കിൽ ഫ്ളൈറ്റ് ഡിലേഡ് ആണ് ഇനിയിപ്പോ എപ്പോഴെത്തും സന്നദ് അരമണിക്കൂർ കഴിഞ്ഞ് ടേക്ക് ഓഫ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഡിലേഡ് ഫ്ലൈറ്റിനെ കുറിച്ച് എന്ത് പറയാനെങ്കിൽ കഷ്ടമായി പോയി ഇന്ന് സനദിനെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇരുന്നത് സനതും നീലിമയും വരില്ല അവർ ഡൽഹി എയർപോർട്ടിൽ ഹണിമൂൺ ആഘോഷിക്കുക അവർക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞല്ലോ നിങ്ങൾ എത്തിയോ നന്ദി നിന്റെ ഫ്രോക്ക് എത്ര ഭംഗിയായിട്ടുണ്ട് മല നിന്റെ പാവാട ക്ലാസ് മുത്തച്ഛന്തുമാത്രം നിന്റെ മുത്തശ്ശിയാ ഇതെല്ലാം നട്ടുവളർത്തിയത് അമ്മേ ഇവൾക്കും അമ്മയെപ്പോലെ ചെടികൾ വലിയ ഇഷ്ടമാ പൂക്കളാ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടത്തെ പച്ചപ്പ് കണ്ട് കുട്ടികൾ വളരെ സന്തോഷത്തില നിങ്ങള് രണ്ടാളെയും മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഒക്കെ ചുറ്റി കറങ്ങാൻ കൊണ്ടുപോകാൻ കേട്ടോ ബാലുവിന്റെ ഐസ്ക്രീം തന്നെ വാങ്ങണം സുനിത നിങ്ങൾ ഇന്ന് പോവില്ലല്ലോ പറ്റില്ലമ്മേ നാളെ മാലയ്ക്ക് സ്കൂളുണ്ട് ഞാൻ താങ്കളുടെ കാര്യം ചോദിക്കുകയായിരുന്നു എവിടെയാന്ന് ോട്ടെ ഒരുമിച്ച് പോയ പോരെ ഹർഷിതും ഒനിമയും ഏകദേശം എഴുപത് പേരെ ക്ഷണിച്ചിരുന്നു ഒരു അൻപത് അൻപത്തി പേരോളം ആശംസകളോടൊപ്പം വരാൻ കഴിയില്ല എന്ന ക്ഷമാപണം അയച്ചു കൊടുത്തു അതും തപാലിൽ ഏഴുപേരോളം വലിയ ബൊക്കെ കൊടുത്തയച്ചു അതും ഒരർത്ഥത്തിൽ വരില്ല എന്തോരം കസേരകളോ എല്ലാം ഒഴിഞ്ഞിടക്കുന്നു നീ കൈകൊട്ട് ഞാൻ ഇന്ന് ഇരിക്കും ഞങ്ങൾ കൊൽക്കത്തു പോകുമായിരുന്നില്ലേ ക്ലബ്ബിലെ ഫ്രണ്ട്സുമായി പൂജക്ക് ഡാർജിലിങ്ങിലേക്ക് പോയിരിക്കുക ിംഗിലും പൂജയ്ക്ക് ദൂരെ നിന്ന് പോലും ആളുകൾ കൊൽക്കത്തയിലേക്കാണല്ലോ വരിക പതിവ് അതുകൊണ്ടല്ലേ നമുക്ക് ദൂരെ പോകേണ്ടി വരുന്നത് അയ്യോ മധുരങ്ങളൊക്കെ മതിയാക്കിയിട്ട് ഭക്ഷണങ്ങളായി കേട്ടോ അപ്പൊ സോറി ഞാൻ പുറത്തുനിന്നാണ് ലഞ്ച് കഴിക്കുന്നത് ഗ്രഹപ്രവേശത്തിന്റെ ആശംസകൾ ും കഴിക്കേണ്ട സമയായില്ല ഇന്ന് ഹോളിഡേ ആയിരുന്നിട്ടും ഓഫീസിൽ പോകണമായിരുന്നു എന്ന് പക്ഷേ ബാഗ് ബസാറിൽ നിന്ന് കുറെ പേർ വന്നു മറ്റാർക്കൊക്കെയോ വേണ്ടി തയ്യാറാക്കിയ ആഹാരമാണ് എന്നൊന്നും അവർ ചിന്തിച്ചില്ല ഇതിനിടയിൽ ആരോ പറഞ്ഞു ുംപ്പിയുടെ സർപ്രൈസ് അവതരണം എല്ലാവരും ശ്രദ്ധിക്കൂ ഇപ്പോൾ എഴുതിയ ഹിപ് ഹോപ് ട്രാപ്പ് ഗാനം കേൾക്കാം ബാഗ് ബസാറിലെ ശക്തി മ്യൂസിക്കൽ ബാൻഡ് അവതരിപ്പിക്കുന്നു ചെരുപ്പിന്റെ അളവ് ശരിയായ ചേരുപ്പ് തലനാര കേറി ഒരു വല്യമാവാ കിട്ടാത്തതല്ല കിടക്കാത്തതല്ല വന്നാത്തതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഫങ്ഷന് ശേഷം ഇന്ദ്രപുരിയിലെ പാർക്കിലെ പതുപതുത്തെ പുൽത്തകടിയിലിരുന്ന് ആ കുടുംബം പരസ്പരം സന്തോഷം പങ്കിട്ടു പൊനിമ തന്റെ പേരക്കുട്ടികളോടൊപ്പം അവിടെയെല്ലാം ഓടി നടന്നു ഓരോ ചെടികളുടെയും പൂക്കളുടെയും പേര് പറഞ്ഞ് അമ്മ പക്ഷിയെ പോലെ പറന്നു നടക്കുകയാണ് കുട്ടികൾക്ക് സന്തോഷത്തിന് ഇനി എന്ത് വേണം പോകാം മുത്തശ്ശി മുത്തശ്ശി ഈ റോസാ ഒരു മണവുമില്ലല്ലോ എന്താ ൂവിനെയും മണം ഉണ്ടാവു അതും വേപ്പിന്റെയും അരയാലിന്റെയും ഒക്കെ അരികെയുള്ളതിന് മാല നമുക്കൊരു പന്തേം വെക്കാം മുത്തശ്ശിന്റെ അടുത്ത് ആദ്യം നോക്കാം ആ സമയം ഓഫീസിന് അടുത്തുനിന്ന് റോഡിലേക്ക് ബ്രിഗേഡിയർ സാർ വരികയായിരുന്നു Mr. Harshi. Hello, Brigadier Sir. Please, one oh, oh, you get. Ah, you get. Go to video. Woliem 你が行き, looking lucky to them. brokerage, not only the risque of everything. Well organized. Hey! Guys, all the fish were mixed up. That's right, all the fish got changed. Please, someone turned attached. love the fish was placed. You said they used nothing to do with whatever fish they did last night at night shows? Don't you want to do with every fisherman's entire field? അപ്പോ കുട്ടികളും ഞങ്ങൾ മുതിർന്നവരുമൊക്കെ ഇതിലെത്തണം എഴുതി അടുത്ത് വരുന്നത് മാത്രവുമല്ല അവരെന്താ ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുകയാണ് ബാഗ് ബഷാറിൽ വെച്ച് തെരുവ് പിള്ളേർ ജനൽ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച അനുഭവം താങ്കൾക്ക് കാണാതിരിക്കില്ല ഇതെന്തൊരു ബഹളമായി കുട്ടികൾ എപ്പോഴും അങ്ങനെയല്ലേ അവർ അടങ്ങിയിരിക്കുമോ അവർ സ്കൂളിൽ കളിക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒത്തിരി ആളുകൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഓ യുനോ ഇന്ദ്രപുരിയിൽ എല്ലാവരും അയൽപക്കാരെ ബഹുമാനിക്കുന്നവരാണ് അതുകൊണ്ടായിരിക്കും ഇവിടെ ആരും ഒന്ന് തുറന്നു ചിരിക്കുക പോലും ചെയ്യാത്തത് ായിര ഇവിടെ വായ്പൊളിച്ച് ഞാൻ കണ്ടില്ല ബുക്ലെറ്റും വായിച്ച് തീർക്കേണ്ടി വരുമോ എന്നാ എന്റെ പേടി ഒന്ന് ചോദിച്ചോട്ടെ ഈ മണമില്ലാത്ത റോസാപ്പൂക്കളും തണൽ തരാത്ത മരങ്ങളുമെല്ലാം വച്ചു പിടിപ്പിച്ചത് റോളിന്റെ ഭാഗമാണോ വീട് നിറയെ ബോൺസായി ചെടികളായിരുന്നു ഞാൻ ഇവിടെ ഇനി ഒരു റൂൾ കൂടി എഴുതി ചേർക്കാൻ പോവുകയാണ് എന്താന്ന് വെച്ചാൽ അയൽപകത്ത വീടുകളിൽ ചപ്പും ചവറും വീഴില്ലല്ലോ എനിക്ക് ബോൺസായി ചെടികൾ ഇഷ്ടമേ അല്ലെ ബ്രിഗേഡിയർ ബൈ ആൻഡ് ഓൺ യുവർ ഗ്രഹപ്രവേശ് വേശത്തിന് ശേഷം ഹർഷിതും ഒനിമയും അല്പം ക്ഷീണിതരായിരുന്നു ഹർഷിദിനെപ്പോഴും വിശ്രമിച്ചാൽ മതിയെന്നായി രണ്ടു മൂന്ന് ദിവസങ്ങൾക്കു ശേഷം ഇതെന്താ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് വീണതാണെന്ന് തോന്നുന്നു അവിടെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോളൂ എനിക്ക് വല്ലാത്ത ക്ഷീണം അതൊന്നും സാരമില്ല ഒരു അപ്പോ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം ഉറങ്ങിക്കുള്ളൂ അയ്യോ എനിക്ക് പേടി തോന്നുന്നു ഇന്ദ്രപുരിയിൽ ഇന്നാണ് വിജയദശമി സെലിബ്രേഷൻ തുടങ്ങുന്നത് ഹർഷിതിന് നല്ല സുഖമില്ലാതിരുന്നിട്ടും രണ്ടുപേരും ഫങ്ഷന് വന്നു അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച വീട്ടിലെ ആദ്യത്തെ പൂജയാണല്ലോ ഇത് ഇപ്പോ എങ്ങനെയുണ്ട് ഇന്നലത്തെക്കാൾ മാറ്റമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ വന്നത് ഇതാദ്യത്തെ ചടങ്ങല്ലേ സന്തോഷമായിരുന്നാട്ടെ എത്ര നന്നായി പാടുന്നുവെന്ന് നോക്കിയേ ആ പാട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കോ അപ്പൊ അസുഖം തോന്നില്ല താങ്ക് യു ഫ്രണ്ട്സ് ഇന്ദ്രപുരി ഹൌസിംഗ് എസ്റ്റേറ്റിന്റെ പതിമൂന്നാം വിജയദശമിയാണ് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ ഈ വർഷം ഇന്ദ്രപുരി കുടുംബത്തിൽ ഒരു ഫാമിലി കൂടി എത്തിയിരിക്കുകയാണ് mrs and mr harshit chatraj ah. our sector 4a 31 ilana thamaskunathu ningal oru oru therideyum perilum and on my own behalf njan avare swagatham cheyunu welcome mrs and mrs harshit chatraj welcome nokku ah. <laughs> ഒന്ന എണീറ്റ് നിൽക്കാൻ ശ്രമിച്ചു എന്റെ കയ്യിൽ പിടിച്ചോളൂ എനിക്ക് തീരെ നമുക്ക് പോവാമോ വരൂ കൈ പിടിച്ചോളൂ സൂക്ഷിച്ച് സൂക്ഷിച്ച് ആ ആ കിടന്നോളൂ കിടന്നോളൂ വെള്ളം തരട്ടെ ഞാൻ കോളനിയിലെ ഡോക്ടേഴ്സിനെ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ അത് തുറന്നാണല്ലോ കിടക്കുന്നത് കുറച്ച് വെള്ളം തട്ടെ കുടിക്കെ എനിക്ക് വേണ്ട അയ്യോ ടത്തുംയ്യോ ഞാനിതാ വരുന്നു ഞാൻ ഇതാ വരുന്നു ഒട്ടും വിഷമിക്കണ്ട കണ്ണടച്ചു തുറക്കുമ്പോ ഞാനിന്ന് എത്തും ിക്തർ എവിടെയാ അവിടെ സ്റ്റേജിലുണ്ടല്ലോ ഇത്തവണത്തെ ഫംഗ്ഷൻ മുമ്പത്തെക്കാളും ഗ്രാൻഡായി നമ്മുടെ ഇന്ദ്രിദ്ജോയ് ും ഇവിടെ ഇന്ദ്രപുരിയിൽ പക്ഷേ അദ്ദേഹം ഇന്ദ്രപുരയുടെ ഓപ്പോസിറ്റ് മുഖർജി നഗറിലെ ഫ്ലാറ്റ് ഇല്ലേ അവിടെ ഞാൻ ഡോക്ടേഴ്സ് ബോർഡ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു കിലോമീറ്റർ ദൂരം വരും ഇപ്പോ എങ്ങനെയുണ്ട് കിടക്കാനും കേട്ടോ ഞാൻ പറയും എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യുക ഇപ്പോ വരും ഞാൻ നെഞ്ചി തിരുമ്മി തരട്ടെ കുറച്ചു സമയം അങ്ങനെ കടന്നുപോയി പുറത്തുപോയി എന്തെങ്കിലും ചെയ്തേ മതിയാവും എന്നൊനിമയ്ക്ക് തോന്നി പക്ഷേ അർത്ഥബോധാവസ്ഥയിൽ കിടക്കുന്ന ഹർഷിതിന് ഒനിമയുടെ സാമീപ്യമല്ലാതെ മറ്റെന്താ ഉള്ളത് ആശ്രയമായി അങ്ങനെയൊന്നും പറയരുത് ചിലർ നമുക്ക് പ്രിയപ്പെട്ടവരാണ് മറ്റു ചിലർ വെറുക്കപ്പെട്ടവർ പക്ഷേ ഏതു തിരക്കിനിടയിൽ നിന്നും സഹായഹസ്തവുമായി നമ്മുടെ അരികിലേക്ക് ഓടിയെത്തുന്നത് ഈ വെറുക്കപ്പെട്ടവരാണെങ്കിലോ അവനല്ലേ യഥാർത്ഥ ബന്ധു ഹർഷിത് പതിയെ അബോധാവസ്ഥയിലേക്ക് മുങ്ങുകയാണ് ഒപ്പം ബോധത്തിൻ്റെ നേരിയ കണികയുമുണ്ട് ഇപ്പോൾ ഇന്ദ്രപുരിയിലെ ശ്മശാന ഭീകരമായ അന്ധകാരത്തെ ഭേദിച്ചുകൊണ്ട് ഹർഷിദിനു വേണ്ട മൃതസഞ്ജീവനിയുമായി ദേവദൂതനായിരുന്നു ബാക്ക് ബസാറിലെ ഗുണ്ടയായ ഷോട്ടൂൺ രണ്ടര മുറിയുള്ള വീട് നാടകം സമാപിക്കുന്നു മൂല ബംഗാളി രചന ഭഗീരഥ് മിശ്ര ഹിന്ദി രൂപാന്തരം അശോക് ലാൽ മലയാള പരിഭാഷ പി എസ് ശ്രീദേവി അഭിനേതാക്കൾ രവി വള്ളത്തോൾ പി എ എം റഷീദ് വേണു കണിയാരത് ആര്യനാട് രാജേന്ദ്രൻ കെ പി എസ് സി അനിൽ ആറ്റിങ്ങൽ മുക്കൂട് ഗോപാലകൃഷ്ണൻ വക്കം ബോബൻ ഗിരീഷ് സോപാനം